സ്മരിച്ചുകൊണ്ട് കേനോ വിൻഷൻ മൂന്നാം ഖണ്ഡത്തിൽ ഇരുപത് മന്ത്ര അധ വായും അബ്രുവൻ യൗ എതീതേക്ഷതിഥേതി തദ് അഭ്യവത് കോസീതി വായുർവാഹമസ്മീതി അബ്രവീത് എങ്ങനെയാണോ അഗ്നിയോട് <coughs> മറ്റ് ദേവതകളെല്ലാം ആവശ്യപ്പെട്ടത് അഗ്നി ആ യക്ഷനെ അറിയാൻ ശ്രമിച്ചത് അതുപോലെ വായുവിനോടും ആവശ്യപ്പെട്ടു അതാണ് അതാനന്തരം വായുവിനോട് പറഞ്ഞു എന്താണ് ഹേ വായു അല്ലയോ വായുദേവ ഏതത് വിജാനിഹി ഇത്യാദി സമാനാർത്ഥം പൂർവ്വേണം മുൻപ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെയാണ് കാരണം മുമ്പ് അഗ്നിയോടും ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ വിജയിച്ചു വിജയത്തിൽ അവർ അഭിമാനിച്ചു അവിടെ മുമ്പിൽ യക്ഷം പ്രത്യക്ഷപ്പെട്ടു യക്ഷൻ ആരാണെന്നറിയണം അതിനുവേണ്ടി അവർക്കാർക്കും അറിയാൻ കഴിയാത്തതുകൊണ്ട് അതിനുവേണ്ടി അഗ്നിയെ നിയോഗിച്ചു അഗ്നി പരാജയപ്പെട്ടു അടുത്ത് വായുവിന്റെ ഊഴമാണ് വായു വിന നിയോഗിച്ചതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സമാനാർത്ഥം പൂർവേണോ മുമ്പ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെയാണ് അത് വായു മബവൻ വായുവിനോട് പറഞ്ഞു വായു അല്ലയോ വായുദ്ജാനിഹി ഇതെന്താണെന്ന് നീ അറിയൂ കിം ഏതീ കാണുന്ന യക്ഷം പൂജനീയമായ മഹത്വമുള്ളതായ രൂപ എന്താണ് തഥാ ഞാനിതാ പോകുന്നു തഥേരിപദ് അതിനെ പോലെ തന്നെ വളരെ വീര്യത്തോടുകൂടി ഓടിപ്പോയി ഓടി അടുത്ത് ചെന്നു തമ്മ്യപദ്ധ തിരിച്ച് കയക്ഷൻ വായുവിനോട് ചോദിച്ചു കോസി ആരാണ് മരുവര് പറഞ്ഞു വായുവാഹീതി വായു വായു പ്രസിദ്ധിയെ കാണിക്കണം വളരെ പ്രസിദ്ധമാണോ എന്നുവെച്ചാൽ നിനക്കറിയില്ലേ വായു ഞാൻ വളരെ പ്രസിദ്ധനാണോ വായു അതിനു ഭാഷ ഗാനം വ്യാഖ്യാനിക്കുന്നു വാനാ ഗമനാ ഗന്ധനാ വ വായു എൻ്റെ വിൽപ്പത്തി പറയണു വാ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് വായു എന്ന് പറയുന്ന ശബ്ദം ഉണ്ടായത് വാ ധാതു ഗതി ഗന്ധനയോഹോ ഗതി എന്നും ഗന്ധനം ഗന്ധം എന്നുള്ള അർത്ഥമുണ്ട് അപ്പോ ഗമന അത് ഗമിക്കുന്നതുകൊണ്ട് ചലിക്കുന്നതുകൊണ്ട് വായു സദാ ചലിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വായു എന്ന് പേര് വന്നു എങ്ങനെയാ പേര് വന്നു ചലിക്കുന്നതുകൊണ്ടല്ല ഗന്ധനം ഗന്ധത്തെ വഹിക്കുന്നതുകൊണ്ട് വായു ആണല്ലോ സുഗന്ധത്തെയും ദുർഗന്ധത്തെയും എല്ലാം കൊണ്ടുവരുന്നത് അതുകൊണ്ടും ആ പേര് വരാം കാരണം വാധാതുവിന് രണ്ടർത്ഥമുണ്ട് ഗതിയെന്നും ഗന്ധനവും അപ്പോൾ അത് ലോകപ്രസിദ്ധമാണ് അതുകൊണ്ട് താൻ പ്രസിദ്ധനാണ് വായുർവാഹം അസ്മിത് അബ്രവീദ് അങ്ങനെ മറ്റൊരു കുറച്ചുകൂടി ശ്രേഷ്ഠമായൊരു പേരുണ്ട് മാതരീശ്വ മാും പറയും അത് തന്റെ പ്രസിദ്ധിയെ കാണിക്കാണ് തന്റെ മഹത്വത്തെ ശേഷിയെ സാമർഥ്യത്തെ ഒക്കെ കാണിക്കുകയാണ് അന്തരീക്ഷേ അന്തരീക്ഷേ ശ്വേതീ മാതരി മാതരി എന്നുവെച്ചാൽ അന്തരീക്ഷേ മാതൃ ശബ്ദത്തിന് അന്തരീക്ഷം മലയാളത്തിൽ നമ്മൾ പറയുന്നത് അന്തരീക്ഷം എന്നാണ് രീതിക്ക് ദീർഘമായിട്ടാണ് സംസ്കൃതത്തിലത് ഹ്രസ്വമാണ് അന്തരീക്ഷം എന്നാ പറയുന്നത് അത് മലയാളത്തിലത് ശരിയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത് തന്നെയാണ് മലയാളത്തിൽ ശരി സംസ്കൃതത്തിൽ അന്തരീക്ഷം ഹർസമായി പറയുന്നു അതാണ് സംസ്കൃതത്തിൽ അന്തരീക്ഷം ഹരസമായി പറഞ്ഞുകൊണ്ട് മലയാളത്തിലും അങ്ങനെ വേണം എന്ന് വാശി അതെല്ലാം മലയാളത്തിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അന്തരീക്ഷം മലയാളത്തിലത് ശരി സംസ്കൃതത്തിൽ ഇത് ശരി അന്തരീക്ഷം അന്തരീക്ഷത്തിലാണല്ലോ വായു സ്ഥിതി ചെയ്യുന്നത് സഞ്ചരിക്കുന്നത് ചലിക്കുന്നത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് മാധുരി അന്തരീക്ഷ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നത് അവിടെ സഞ്ചരിക്കുന്നത് എന്ന അർത്ഥം അത്തൻ്റെ മറ്റ് ഇന്ദ്രനെപ്പോലെ ഉള്ള അഗ്നിയെപ്പോ അതുപോലെ അവിടെയും ഇവിടെ അർത്ഥത്തിൽ പറയുകയാണ് വാഹമസ്മിതി ശരി ഇത്രയും മഹത്വമുള്ളവനാണ് പ്രസിദ്ധനാണെങ്കിൽ തസ്മിൻ തൊയ്ക്കിം വീര്യം ഇത് ഇങ്ങനെയല്ലാമുള്ള നിങ്ങൾ എന്ത് സാമർഥ്യമാണുള്ളത് യക്ഷൻ ചോദിച്ച് സമാധാനം പറയുന്നു ഇതം സർവമപി ഇതം അപിഇ സർവമെന്നുള്ള അതം സർവമപി അങ്ങനെയാണ് അന്വയിക്കുന്നത് ഇവിടെ കാണുന്ന സർവവും അതിനെല്ലാം ഞാൻ എടുത്തുപോക്കും എന്നാണ് എന്തെല്ലാം ഉണ്ടോ എനിക്ക് വഹിക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല പ്രാണശക്തി വിശേഷിച്ചും അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രാണശക്തി വായു നേരത്തെ പറഞ്ഞു പൃഥ്വി എന്ന് പറയുന്നത് കൊണ്ട് നിയമനം ഭൂമിയിൽ എടുക്കേണ്ട ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ വാ ശക്തിയാണ് ഇവിടെ ഭൂമിയിൽ അത് വായുരൂപത്തിലിരിക്കുന്നു മറ്റു സ്ഥലങ്ങളിൽ സർവത്തെയും വഹിക്കുന്ന അതാണ് ഭൂമിയെ ഗ്രഹങ്ങളെ നക്ഷത്രങ്ങളെല്ലാം വഹിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തി അന്ന് പറയുന്ന വ്യതിദം സർവം എന്തെല്ലാം ഇവിടെ ഉണ്ടോ സർവത്തിനേയും വഹിക്കാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ അതിനെ എടുത്ത് ഉയർത്താൻ കഴിയും എടുത്ത് പൊക്കാൻ കഴിയും വഹിച്ചുകൊണ്ട് പോകാൻ കഴിയും യഥിതം പ്രതിഭാമിത്യാദി സമ്മാനമേവാം മുമ്പ് വ്യാഖ്യാനിച്ചതുപോലെ മനസ്സിലാവും അവിടെ എന്ത് ഇന്ദ്രൻ ഈ അഭിമാനം കണ്ടിട്ട് തസ്മയത്തിനുദാധവ് ചെറിയൊരു പുൽക്കൊടിയെ ആ വായുവിൻ്റെ ഇത്രയും ശക്തനാ വായുവിന്റെ മുമ്പിലേക്ക് വച്ചു ഏത് അതസ്വ ശരി എന്നാൽ ഇതിനെ നീ എന്തെടുത്ത് ഉയർത്തുക അല്ലെങ്കിൽ ഒന്ന് ചലിപ്പിക്കുക എങ്ങനെയും ചെയ്യുക ഇത് കേട്ടപ്പോൾ വായുവിന് അത് വളരെ നിസ്സാരമായി തോന്നി ഭൂമിയെപ്പോലും ഉയർത്തുന്ന തനിക്ക് നിലനിർത്തുന്ന തനിക്ക് ഈ തൃണം ഉൾപ്പെടെ നിസാനമാണല്ലോ ഒന്ന് തതുപ്രയായ എന്നാൽ അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചത് കൊണ്ട് വാശിയോടുകൂടി അഗ്നി പരാജയപ്പെട്ടതും കൊണ്ടല്ലോ അഗ്നിക്ക് ദഹിപ്പിക്കാൻ കഴിയാത്തതാണത് താൻ അവിടെ പരാജയപ്പെടാൻ പാടില്ല എന്ന് കരുതി സർവ്വശക്തിയോടുകൂടി അതിനെ സമീപിച്ചു തന്നെ ആകാതും പക്ഷെ അതിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സത്ഥ ഏവ നിവ് വെറുതെ വീണ്ടും പരിശ്രമിച്ചു പരിശ്രമമെല്ലാം നിഷ്ഫലമായി ആ പുൽക്കൊടി ഒന്ന് എടുക്കുന്നതിന് പോയിട്ടൊന്ന് ചലിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല സത്തൈവ നിവവൃത്തെ അവിടെ ഒന്നും പിൻവാങ്ങി നയതദശകം വിജ്ഞാതും യഥേദക്ഷമിതി അതുമാത്രമുള്ള ഒരു കാര്യം മനസ്സിലായി അഗ്നിക്ക് മനസ്സിലായതുപോലെ തന്നെ തന്റെ മുമ്പിൽ ഈ പുൽക്കൊടിയെ വച്ച് ഇതിനെ ചലിപ്പിക്കാൻ ആവശ്യപ്പെട്ട ഇതാരാണ് ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ചിന്തിച്ചത് ഇതാരാണോ ഏത് ദശകം വിജ്ഞാനം ഏത് ഏത് ദക്ഷമിതി ഈ യക്ഷനെ ആരാണെന്നറിയാൻ കഴിഞ്ഞില്ല അപ്പൊ അഗ്നിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു അഗ്നി സർവത്ര ബുദ്ധിയുടെ പ്രതീകമാണോ പ്രതീകാത്മവുമായി ചിന്തിക്കുന്നു ഉപനിഷത്ത് സർവത്ര പ്രതീകാത്മകമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത് പല ഭാഗങ്ങളിലും ഭാഷകാരൻ അതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം വിശേഷിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് വിശേഷിച്ച് വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർവത്ര വായു എന്ന് പറയുന്നത് ഉപനിഷത്തുകളിൽ ആധ്യാത്മിക ശാസ്ത്രത്തിൽ എല്ലാം പ്രാണന്റെ പ്രതീകമാണ് കാർക്കന്മാരും മറ്റും വായുവിനെ തന്നെ പ്രാണൻ എന്ന് പറയും വേദാന്തികൾ വിശേഷദ്വൈതികൾ അതങ്ങനെ സ്വീകരിക്കുന്നു ഒരു പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്മാത്രകളുടെ രൂപാന്തരമാണ് അത് ഈ കാണുന്ന വായുവല്ല എന്നാ പറയുന്നത് വായു എന്നു പറയുന്നവരും ഈ വായു ശരീരാന്തസഞ്ചാരി ആയിരിക്കുന്ന വായുവിനെ എന്റെ പ്രവർത്തനത്തിന് പ്രേരകമായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വായു എന്നു പറയുന്നത് ഇവിടെ പ്രാണനയാണ് വായു എന്ന് പറയുന്നത് അപ്പോ ബുദ്ധി ഇവിടെ അവസാനം എന്താ പറയുന്നത് ബുദ്ധിക്ക് ആ യക്ഷനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അറിയാൻ കഴിഞ്ഞില്ല അതേ സ്ഥിതി തന്നെയാണ് പ്രാണനം ഏത് ദശകം വിജ്ഞാതം ഏതേത് യക്ഷ വിധി യക്ഷൻ ഏതാണെന്ന് അപ്രാണനം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല ബുദ്ധി എങ്ങനെയാണ് യക്ഷണം ഗ്രഹിക്കാൻ കഴിയുന്നത് ആത്മാവിനെ ഗ്രഹിക്കാൻ ബുദ്ധി എങ്ങനെയാണ് ശ്രമിക്കുന്നത് തന്റെ വൃത്തികളിലൂടെ ബുദ്ധിവൃത്തികളിലൂടെ എന്ന് പറഞ്ഞാൽ അറിവിലൂടെ ആഗ്രഹിക്കാൻ ശ്രമിക്കുന്നു ബുദ്ധി വൃത്തികളിലൂടെ അറിയാൻ ശ്രമിക്കുന്നു അത് സാധ്യമല്ല എന്ന് പലവണ് പറഞ്ഞു എന്തുകൊണ്ട് അത് ബുദ്ധിവൃത്തികളുടെയും ആത്മാവായിരിക്കുന്നു മനസ്സിന്റെ മനസ്സ് മുമ്പ് പറഞ്ഞു ബുദ്ധിയുടെ ബുദ്ധി മനസ്സിന്റെ മനസ്സായിരിക്കുന്ന ബുദ്ധിയുടെ ബുദ്ധിയായിരിക്കുന്നതിനെക്ക് എങ്ങനെ ഘരിക്കാൻ കഴിയും ഇല്ല അവിടെ തന്നെ പറഞ്ഞു എന്താണ് പ്രാണന്റെ പ്രാണൻ പ്രാണന്റെ പ്രാണനാണ് പ്രാണന്റെ പ്രാണനെ പ്രാണന് ആത്മാവായിരിക്കുന്നതിന് പ്രാണനെങ്ങനെ ഘരിക്കാൻ കഴിയും അതാണ് ഈ കഥയിലൂടെ സൂചിപ്പിക്കുന്നത് എന്താണ് പ്രാണന് അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല ബുദ്ധി എങ്ങനെയാണ് ഗ്രഹിക്കാൻ കഴിയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് അറിഞ്ഞ് ബുദ്ധിപ്പെടുത്തികളിലൂടെ പ്രാണൻ എങ്ങനെയാണ് യത്നത്തിലൂടെ യജ്ഞത്തിലൂടെ സൂചിപ്പിക്കുന്നത് പ്രാണൻ പറയുന്നത് എന്താണ് ഞാൻ ഈ ഭൂമിയിലുള്ള എന്തിനേയും എടുത്തുയർത്തും ആദതീയ്യ എന്തിനേയും വഹിക്കുന്നതിനുള്ള ശേഷിയാണ് പ്രാണൻ എങ്ങനെയാണ് പ്രാണൻ സർവത്ര ദോതിപ്പിക്കുന്ന യത്നത്തെയാണ് യത്നം പ്രവൃത്തി കൃതി യത്നം ഇത് യത്നസാധ്യമല്ല സൂചിപ്പിക്കുകയാണ് കഥയിലൂടെ എങ്ങനെയാണോ അത് ബുദ്ധി സാധ്യമല്ലാതിരിക്കുന്നത് അതുപോലെ ഇത് യത്നസാധ്യവുമല്ല എത്രമാത്രം സാമർഥ്യം ഒരുവനുണ്ടായിരുന്നാലും ആ സാമർഥ്യത്തിലൂടെ ഈ യക്ഷനെ ഗ്രഹിക്കാൻ സാധ്യമല്ല അത് ഭാഷ്യന്മാരുടെ രീതിയിൽ പറയും എന്താണ് എന്നാ കർമ്മണ കർമ്മത്തിലൂടെ സാധ്യമല്ല പ്രാണൻ പ്രാണനെ നിയന്ത്രിക്കാം സാധാരണ പറയാറുണ്ടല്ലോ പ്രാണനെ നിയന്ത്രിച്ച മനസ്സിനെ നിയന്ത്രിക്കാം പ്രാണനും മനസ്സും പരമാർത്ഥത്തിൽ ഒന്നാണ് അപ്പോ മനോജയത്തിലൂടെ ഇത് സാധിക്കാമെന്നെല്ലാം പറയുന്നു അത് ശരിയാണ് പക്ഷെ അത് പ്രാണന് സാധ്യമല്ല പ്രാണനല്ല അവിടെ സാധിക്കുന്നു മനോജയം പ്രാണജയം തുടങ്ങിയ സാധനകൾ അനുഷ്ഠിക്കുന്നവനത് സാധ്യമാണ് പക്ഷെ അത് പ്രാണൻ സാധ്യമല്ല അതാണ് ഇവിടെ പറയുന്നത് ബുദ്ധിക്ക് സാധ്യമല്ല രണ്ടിനാണ് ബുദ്ധിയും പ്രാണനയും ഉപയോഗിക്കുന്നവനത് സാധ്യമാണ് അത് കേവലൊരു സാധന എന്നുള്ള നിലയ്ക്ക് അതിലും പരിമിതിയുണ്ട് ബുദ്ധിക്കും അതാണ് ഇവിടെ ഇത് അന്തര്യാമിയുടെ യക്ഷന്റെ കയ്യിലാണ് ഇടത്ത് പറയും യൻ ഇതിനെ വെളിപ്പെടുത്തിയാണ് അല്ലാതെ സാധനയുടെ ഫലമല്ല പ്രാണനിയന്ത്രണം മനോനിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പൊരു പരിമിതിയുണ്ട് ഒരു പരിധി ഒരു ഒരു പരിമിതി ഒരു പരിധി വരെ അതിനു സഹായിക്കാൻ പറ്റും അതിനപ്പുറം അതിന് പ്രവേശനം അത് വളരെ ശ്രേഷ്ഠമാണെങ്കിൽ അതെല്ലാം വളരെ മഹത്തായ സാധനങ്ങളാണ് മനോനിയന്ത്രണവും പ്രാണനിയന്ത്രണവും അതിന് മഹത്വമുണ്ട് അതാണിവിടെ രണ്ടിൻ്റെയും മഹത്വത്തെ കാണിക്കുന്നത് അഗ്നിയുടെ മഹത്വത്തെ പറഞ്ഞു വായുവിന്റെ മഹത്വത്തെ പറഞ്ഞു ബുദ്ധിയുടെ മഹത്വത്തെ പറഞ്ഞു പ്രാണന്റെ മഹത്വത്തെ പറഞ്ഞു അതുകൊണ്ട് തന്നെ പറയും എന്താണോ പ്രാണായാമത്തിലൂടെ സാധ്യമല്ല അത് സാധ്യമല്ല എന്ന് പറയും നേരിട്ട് സാധ്യമല്ല പ്രാണായാമം നിഷ്പ്രയോജനമെന്നല്ല പറയുന്നത് അങ്ങനെ പറയുന്നില്ല ഏതെങ്കിലും ഒരു മാർഗം നിഷ്പ്രയോജനമാണെന്ന് പറയുന്നില്ല എന്നാൽ അതിന്റെ പരിമിതിയെക്കുറിച്ച് പറയുകയാണ് അതിനിത്രേ സാധ്യമാകുമതുകൊണ്ട് അതിന് പ്രയോജനമുണ്ടല്ലോ കാരണം അതും വളരെ ശക്തിമത്താണ് പറയുന്നുണ്ടല്ലോ വായ്സ്വയം പറയുന്നു ഞാൻ ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ അതിനെല്ലാം വഹിക്കാൻ ചിലപ്പോൾ പ്രാണന്റെ ശക്തി വളരെ അപാരമാണ് അനന്തമാണ് പക്ഷെ ഇവിടെ അത് പരിമിതമാണ് ഇവിടെ മഹത്വമുള്ളത് യക്ഷനാണ് അന്തര്യാമിയുടെ ശക്തിക്കാണ് പ്രാധാന്യം അപ്പൊ അതിന് ബുദ്ധിയെയും പ്രാണനെയും എല്ലാം കീഴ്പ്പെടുത്തുന്നവനെ ഇത് സാധ്യമാകും അല്ലാതെ ഇതിന്റെ എല്ലാം ശേഷിയിലൂടെ ആത്മസാക്ഷാത്കാരം സാധ്യമല്ല അതാണ് തതയവ നിവ അത് പിന്തിരിഞ്ഞു അസാധ്യമാണെന്ന് കണ്ടു ചിലർ അവകാശവാദം പറയും എന്താണ് പ്രാണായാമം ചെയ്യുക നിരന്തരമായ പ്രാണനിയന്ത്രണത്തിലൂടെ ഇത് സാധിക്കാം എന്നെല്ലാം പറയുന്നു പ്രാണനയം അങ്ങനെയുള്ള മാർഗങ്ങളുണ്ട് അതൊക്കെ ശരി അഷ്ടാംഗ യോഗത്തിൽ പ്രാണനൊരു ഭാഗം മാത്രമേ ഉള്ളൂ കടയോഗത്തിന് മറ്റും പ്രാണന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും ഏത് മാർഗമായാലും പ്രാണന് പരിമിതിയുണ്ട് പ്രാണന്റെ ശക്തിക്ക് പരിമിതിയുണ്ട് ഇവിടെ ബോധിപ്പിക്കുന്നതാണ് സർവവും ഈശ്വരാധീനം ബുദ്ധിയുടെ മഹത്വമായാലും ശരി പ്രാണന്റെ മഹത്വമായാലും ശരി അത് ഈശ്വരന്റെ മഹത്വത്തിന് മുഖ്യമായി ആശ്രയിച്ചുകൊണ്ട് ആത്മലാഭത്തിന് വേണ്ടി ശ്രമിക്കരുത് അങ്ങനെ ഒരു ഗുണപാഠമാണ് ഇവിടെത്തരുന്നത് കാരണം അതിന് പിന്തിരിയേണ്ടി വരും പ്രാണനവിടെ എത്തില്ല മനസ്സവിടെ എത്തില്ല എന്നാൽ ശ്രുതി തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് പ്രാണായാമം പോലെയുള്ള അഭ്യാസങ്ങൾ പ്രാണനെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രാണനായ കുണ്ടലിനീ പ്രാണനായ പരിമിതമാണ് അതിനും പരിമിതിയുണ്ട് ഒരു അഭ്യാസം കൊണ്ട് സാധ്യമല്ല പ്രാണൻ പറഞ്ഞു ഞാനെന്ന് പറഞ്ഞു പ്രാണനെപ്പോൾ സൂചിക്കുന്ന യത്നത്തെയാണ് പ്രയത്നത്തെയാണ് യത്ന സാധ്യമല്ല മനുഷ്യ ആവർത്തിച്ച് പറയും അത് പ്രയത്ന സാധ്യമല്ല കർമ്മം കൊണ്ട് സാധ്യമല്ല എന്ന് ഭാഷകാരനും പറയും അപ്പൊ അത് രണ്ടും ഇവിടെ പരാജയപ്പെടുന്നു ഇതിനെ മുഖ്യമായി ശ്രയിച്ചുകൊണ്ട് ബുദ്ധിയേയും പുരാണനെയും മുഖ്യമായി ആശ്രയിച്ചുകൊണ്ട് ഇതുകൊണ്ട് സാധിക്കാമെന്ന് കരുതി ഒരുവൻ സാധനങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് നിഷ്ഫലമാണ് അതിന് അതിൻ്റെ പ്രയോജനമേ ഉണ്ടാക്കാൻ കഴിയും അതിനാപ്പറം സാധ്യമല്ല അതിവിടെ വ്യക്തമായി സൂക്ഷിക്കുന്നു കാരണം പരവുമായ ഞാൻ കഴിഞ്ഞവണ് അത് പറഞ്ഞതാണ് പരവുമായ ഒരു തത്വത്തെ പരമാവധി വെളിപ്പെടുത്തിയതിന് ശേഷം ഇവിടെ ബോധിപ്പിക്കുകയാണ് അതിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ് അല്ലാതൊരു ജീവന്റെ ബുദ്ധിവൈഭവം കൊണ്ടോ യത്ന സാമർഥ്യം കൊണ്ടോ സാധിക്കുന്നതല്ല പൗരുഷത്തിന് പരിമിതിയുണ്ട് യത്നത്തിന് പരിമിതിയുണ്ട് അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഏതദശകം വിജ്ഞാതം യഥേത് യക്ഷമിതി അവിടെ വായുവും പരാജയപ്പെട്ടു യത്നവും പരാജയപ്പെട്ടു ബുദ്ധിയും പരാജയപ്പെട്ടു ഇതിന് പരാജയപ്പെടാനേ സാധ്യയുള്ളൂ എന്നുള്ള ഇത് കാരണങ്ങളാണ് ജീവന്റെ കർണങ്ങളാണ് ഇത് രണ്ട് ഒരു ഉപകരണം മാത്രമാണ് ബുദ്ധി ജീവനുപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്രാണനും ജീവൻ ഉപയോഗിക്കുന്ന ഒരു കരണമാണ് അതിനെങ്ങനെ ഈ ജീവനെ മോക്ഷത്തിലേക്ക് നയിക്കാൻ കഴിയും സാക്ഷാത്കാരത്തിന് അതിന് എത്ര മാത്രം സഹായിക്കാൻ കഴിയും തീർച്ചയായും അതിനൊരു പരിമിതി ഉള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അടുത്ത് അധ ഇന്ദ്രം അബ്രുവൻ मखवन ही कि थी थी तद अभ्यद्रवत मखविज किभ्यद्रवत तस्मादे सस्व आकाशे പ്രിം ആ ജഗാമാഹുശോഭമാന ഉമാവതീം താം ഹോവാച അടുത്ത് ദേവന്മാരെല്ലാവരും ഇന്ദ്രനു സമീപിച്ചു െ സമീപിച്ചു ഇന്ദ്രനോട് പറഞ്ഞാണോ മഖവൻ അല്ലയോ മഖവൻ ഇന്ദ്രന്റെ മറ്റൊരു പേരാണ് വിധാനിഹി ഇത് ആരാണ് യക്ഷന് ഇത്യാദി പൂർവം എന്ന് പറഞ്ഞതുപോലെ കിമേത യക്ഷമിതി പറഞ്ഞു ശരി ഇന്ദ്രൻ ഇവരുടെയെല്ലാം നേതാവാണ് തത് അഭ്യദ്രവത് മറ്റുള്ളവരെ പോലെ തന്നെ ഇന്ദ്രനും ഓടി എങ്ങനെയാണോ ബുദ്ധി ഓടിയത് പ്രാണൻ ഓടിയത് അതുപോലെ തദ്ഭ്യദ്രവത് പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു അവിടെ ചോദ്യവും ഉത്തരവും ഒന്നും ഉണ്ടായില്ല തസ്മാത് ആത്മസമീപം ഗതാഗ് തദ്ധൻ മറഞ്ഞുകളു തന്റെ സമീപത്ത് വന്ന ഇന്ദ്രനിന്നും അയക്ഷൻ മറിഞ്ഞു കളഞ്ഞു മറ്റങ്ങനെയല്ല അവിടെ ഒരു ചോദ്യവും ഒരു പരീക്ഷണവും എല്ലാം നടന്നു ഇവിടെ തിരോഭൂതം ഇന്ദ്രീ ഇന്ദ്രത്വ അഭിമാനവും അതിഥരാം നിരാകർത്തവ്യ ഇന്ദ്രന്റെ ഇന്ദ്രത്വഭിമാനം കാരണം ദേവന്മാരുടെ ശ്രേഷ്ഠനാണ് ദേവന്മാരുടെ ഇന്ദ്രനാണ് സ്വാഭാവികമായിട്ടും അവിടെ അഭിമാനം കൂടുതലാണ് അതിതരാം നിരാകർത്തവ്യ അഭിമാനം പൂർണ്ണമാണ് അഭിമാനത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും വേണം ഇത്യ സംവാദം മാത്രം അഭിനാദാ അതുകൊണ്ട് അവിടെ ഒരു സംവാദത്തിനും തയ്യാറായില്ല അതിനൊരു അവസരം കൊടുത്തില്ല ഇന്ദ്രനോട് ഇന്ദ്രന് അങ്ങനെ ഒരു സംവാദത്തിനുള്ള അവസരത്തെ നൽകി സംഭാഷണത്തിന് നന്നല്ലം ഇന്ദ്രൻ പെട്ടെന്ന് നിരാശനായി പോയി ഓടി ഒരു വാക്ക് ഉരിയാടുന്നതിനുള്ള അവസരം പോലും കൊടുക്കാതെ യക്ഷൻ സ്ഥലം വിട്ടു ആകാശപ്രദേശം ദർശിഭൂതം ഇന്ദ്രശ്ച ബ്രഹ്മണ തിരോധാന കാലത്ത് യകാശേ ആസീ താശേ ഇന്ദ്രൻ ഓടി എടുത്തിരുന്നു ഇന്ദ്രൻ കണ്ടു യക്ഷനെ കണ്ടിരിക്കാതെ തന്നെ അപ്രത്യക്ഷനായി അവിടെ തന്നെ നിന്നു തസ്മിന്റെ വാക്കാശ് ഇതെല്ലാം ആകാശത്തിലാണ് സംഭവിക്കുന്നത് ഇന്ദ്രൻ അവിടെ തന്നെ എങ്ങനെ കിം തത് യക്ഷമിതി മറ്റുള്ളവരെന്തു ചെയ്തു യക്ഷനെ അറിയാൻ കഴിയാത്ത കൊണ്ട് പക്ഷേ ഇന്ദ്രൻ അങ്ങനെയല്ല ഇന്ദ്രൻ പിന്തിരിഞ്ഞല്ല അവിടെ തന്നെ നിന്നു ഇവിടെ ഭാഷകാരൻ പറയുന്ന എന്താണ് ധ്യായൻ ധ്യാനിച്ചുകൊണ്ട് നിന്നു എന്നാണ് നിവവ്രത പിന്തിരിഞ്ഞില്ല മറ്റുള്ളവർ മറ്റുള്ളവരവിടെ ചെന്നു സംഭാഷണം നടത്തി അസാധ്യമാണെന്ന് മനസ്സിലായി പിന്തിരിഞ്ഞു ഇന്ദ്രൻ അവിടെ ധ്യാനിച്ചു നിന്നു എന്നാണ് ൃതേ അഗ്നാധിപത് അഗ്നിയാദികളെ പോലെ അഗ്നിയും വായുവിനെയും പോലെ പിന്തിരിഞ്ഞില്ല ഇന്ദ്രന് പിന്തിരിയാൻ സാധ്യമല്ല യക്ഷേ ഭക്തി ബുദ്ധ്വാ ഇന്ദ്രന് ആ യക്ഷനിൽ ഭക്തിയുണ്ടെന്ന് മനസ്സിലായി അയക്ഷണം ഭരിക്കുന്നവനാണ് ഇന്ദ്രൻ എന്ന് മനസ്സിലായി അത് മനസ്സിലാക്കിയിട്ട് വിദ്യ ഉമാരൂപിണി സ്ത്രീരൂപ പറഞ്ഞല്ലോ ഹൈമവതി ഹിമവത് പുത്രിയായ ഉമയുടെ രൂപത്തിൽ ആ വിദ്യ പ്രാദുർഭവിച്ചു സ്ത്രീ രൂപത്തിൽ അതാണ് സംഭവിച്ചത് എന്തുകൊണ്ട് അവിടെ ഇന്ദ്രൻ പിന്തിരിഞ്ഞില്ല നിരാശനായെങ്കിലും ധ്യാനിച്ചു വിദ്യ ഉമാരൂഹിണിയായി പ്രത്യക്ഷപ്പെട്ടുവിനും സൈന്ദ്രഹത്തമുമാം ബഹുശോഭമാന വളരെ ശോഭിക്കുന്നവളായ സർവേഷാം ഈ ശോഭമാനാനാം ശോഭനതമാ മനോഹരങ്ങളായ സർവത്തിലും ശോഭിക്കുന്ന സർവത്തിലും ശോഭയുള്ളതായ വിദ്യ കഥാ ബഹുശോഭമാന ഇതി വിശേഷവും അതാണ് ശോഭമാന എന്നുള്ള പറഞ്ഞത് ബഹുശോഭമാന ലോകത്തിൽ എന്തൊക്കെ ശോഭയുള്ളതുണ്ടോ അതിലെല്ലാം ശോഭയുള്ളതായി രീതിയിൽ ഉള്ള സ്ത്രീ രൂപത്തിൽ ഉമാരൂപിണിയും ആയി പ്രത്യക്ഷപ്പെട്ടു ഹൈമവത്തിയും ഹൈമകൃത ആഭരണവതിയും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞവൾ ഉമയായി ഹിമവത്പുത്രിയായി ഇവ ബഹുശോഭമാണ് സ്വർണ ആഭൂഷണങ്ങൾ അണിഞ്ഞ് അതിസുന്ദരിയായ സ്ത്രീരൂപത്തിൽ ബഹുശോഭമാന പ്രത്യക്ഷപ്പെട്ടു അഥാ ഉമ ഹിമോ ദുഹിത അങ്ങനെയും പറയാം ഹൈമവതി എന്ന് പറഞ്ഞാൽ പറയാം ആഭൂഷണങ്ങൾ അണിഞ്ഞവൾ സ്വർണ ആഭരണങ്ങൾ അണിഞ്ഞവൾ എന്ന് പറയാം അല്ലെങ്കിൽ പ്രസിദ്ധയായ ഉമ പുരാണ ഉമ ഹിമവത് പുത്രി അങ്ങനെയും പറയാം അതാണ് ഹിമവത്തോ ദുഹിത ഹൈമവതി നിത്യമേവ സർവജ്ഞേന ഈശ്വരേണ സഹവർത്തതേ എന്താണ് ഹൈമവതി എന്ന് വ്യാഖ്യാനിക്കുന്നതിന്റെ മറ്റൊരു ഗുണു ആ ഹൈമവതി ദേവി സദാ സർവജ്ഞനായ ഈശ്വരനോടുകൂടി ശിവനോടുകൂടി വർത്തിക്കുന്നവളാണ് സഹവർത്തേ ആ ദേവിക്ക് അറിയാം എന്താണോ ഇത് ജ്ഞാതും സമർഥ സദാ ശിവസാമീപ്യത്തിൽ കഴിയുന്നവളായ ഉമക്ക് ആരാണ് ഈ യക്ഷൻ മനസ്സിലാക്കാൻ കഴിയും ശിവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ജ്ഞാതും സമർഥ എന്നിന്ദ്രൻ മനസ്സിലാക്കി കൃത്വ താം ഉപജകാമ നമ്മളെ സമീപിച്ചു അപ്പൊ ഇവിടെ രണ്ടുപേരും പരാജയപ്പെട്ടു ബുദ്ധി പരാജയപ്പെട്ട് പ്രാണൻ പരാജയപ്പെട്ടു ജീവന്റെ മുഖ്യമായ കർണങ്ങളാണ് ഇത് രണ്ട് അതിൻ്റെ ഏറ്റവും മുഖ്യം ബുദ്ധി തന്നെയാണ് എന്തുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചാണ് പ്രാണനെ നിയന്ത്രിക്കുന്നത് ജീവൻ ഈ കർണങ്ങൾ ഉപയോഗിക്കുമ്പോൾ മുഖ്യമായി ആശ്രയിക്കുന്ന ബുദ്ധിയാണ് പക്ഷേ കർണങ്ങൾ പരാധീനങ്ങളാണ് സ്വയം സമ്മർദ്ദങ്ങളല്ല അത് ജീവൻ അധീനങ്ങളാണ് അതാണ് അതിന്റെ ഒരു പോരായ്മ അതുകൊണ്ട് തന്നെ ആ കർണങ്ങൾ ഈ ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതിനൊരിക്കലും സക്ഷമല്ല മറ്റൊന്നിനു അധീനമായിരിക്കുന്നതിനെങ്ങനെ ഇതിനെ ഗ്രഹിക്കാൻ പറ്റും അപ്പോൾ ഈ പരമാത്മതത്വത്തെ ഗ്രഹിക്കുന്നതിന് യോഗ്യനാരാണ് അതിനവസാനം ഇന്ദ്രൻ ഇന്ദ്രനവർ ഇന്ദ്രൻ ശ്രുതിയിൽ ഇന്ദ്രനെ പറയുന്നത് ആത്മാവെന്നാണ് ഇന്ദ്രനാത്മാവ് ഈ കർണങ്ങളുടെയെല്ലാം നാഥനായി ജീവരൂപത്തിൽ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവനാ അവനാണ് ഇന്ദ്രൻ ആ ഇന്ദ്രനാണ് പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നത് എങ്ങനെ വിദ്യയുടെ സഹായത്തോടുകൂടി ഉമ്മാരൂഹിണിയായിരിക്കുന്ന വിദ്യയുടെ സഹായത്തോടുകൂടി ഇന്ദ്രനെങ്ങനെ ജീവനെന്ന് വ്യാഖ്യാനിക്കാം ഇന്ദ്രശബ്ദത്തിന്റെ അർത്ഥം അത് ശ്രുതിയിൽ ഇന്ദ്രൻ ആത്മാന്ദ്ര ആത്മാ വ്യക്തമായും സ്ത്രീയിൽ ഇന്ദ്രനെ പല ഭാഗങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട് അതുകൂടാതെ ഇന്ദ്രശബ്ദത്തിന്റെ വിൽപ്പത്തിയാണ് തന്നെ വ്യാകരണ നിയമം അനുസരിച്ച് ഇന്ദ്രനെന്ന് വെച്ചാൽ ആത്മാവുമാണ് ഇന്ദ്രിയം എന്ന് പറയുന്ന ശബ്ദത്തെ ഉത്പാദിപ്പിക്കുമ്പോൾ പാണിനിയാണ് പറയുന്നുണ്ട് ഇന്ദ്രിയം ഇന്ദ്രലിംഗം ഇന്ദ്രസൃഷ്ടം ഇന്ദ്രദുഷ്ടം ഇന്ദ്രദു എന്നിങ്ങനെ ഇന്ദ്രിയ ശബ്ദത്തെ പാണിനി നിർവഹി നിർവചിക്കുന്നുണ്ട് എന്റെ നിരുത് ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താണോ ഇന്ദ്രലിംഗം ഇന്ദ്രന് അടയാളമായിരിക്കുന്നത് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് ആത്മാവിന് അടയാളമായിരിക്കുന്നതാണ് ഇന്ദ്രിയം എന്നാണ് അവിടെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആത്മാവെന്നാണ് വേഗ നിയമം അനുസരിച്ച് ിയം ഇന്ദ്രലിംഗം ഇന്ദ്രസൃഷ്ടം ഇന്ദ്രദൃം ഇന്ദ്രദത്തം ഇന്ദ്രജുഷ്ടം ഇതിവ എന്ന് പറഞ്ഞിട്ട് പലതരത്തിൽ ആത്മാവിനോട് ചേർത്ത് ഇന്ദ്രിയ ശബ്ദത്തെ വ്യാഖ്യാനിക്കാം ഇന്ദ്രസൃഷ്ടം ആത്മാവ് സൃഷ്ടിച്ചത് അതാണ് ഇന്ദ്രിയം ഇന്ദ്രദൃഠം ആത്മാവ് ദർശിക്കുന്നത് ഇന്ദ്രജുഷ്ടം ആത്മാവ് സേവിക്കുന്നത് ഇന്ദ്രദത്തം അങ്ങനെ പലതരത്തിൽ ഇതിവ എന്ന് പറഞ്ഞിട്ട് പലതരത്തിലും ഇതിനെ വ്യാഖ്യാനിക്കാം ഇന്ദ്രിയങ്ങളെ ഇന്ദ്രനുമായി ബന്ധപ്പെടുത്തി ഇന്ദ്രിയങ്ങളെ ഇന്ദ്രനുമായി ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ആത്മാവുമായി ബന്ധപ്പെടുത്തി ഇന്ദ്രന് ആത്മാവിന് അടയാളമായിരിക്കുന്നതാണ് ആത്മാവിനെ അനുമാനിക്കുന്നത് അടയാളമായിരിക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളാകുന്ന കർണങ്ങളെ കണ്ടുകൊണ്ടാണ് ഒരുവൻ അനുമാനിക്കുന്നത് ഈ കർണങ്ങളുടെ പിന്നിൽ ഈ കർണങ്ങൾക്ക് കാരകനായി ഒരാളുണ്ട് ഈ കർണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവനായി ഒരാളുണ്ട് താർക്കികന്മാരും മറ്റും അങ്ങനെയാണ് ആത്മാവിനെ അനുമാനിക്കുന്നത് അതുകൊണ്ട് ഇന്ദ്രനെന്ന് പറഞ്ഞാൽ ആത്മാവാണോ വ്യാകരണത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ മുഖ്യം ശ്രുതിയാണ് ശ്രുതി നേരിട്ടാണ് പറയുന്നത് ഇന്ദ്ര ആത്മാ ഇന്ദ്രനെന്ന് പറഞ്ഞാൽ ആത്മാവാണ് ഇവിടെ ഈ സന്ദർഭത്തിനാണെങ്കിലോ അത് വളരെ യോജിക്കുന്നുമാണ് എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കരണങ്ങൾ പരാജയപ്പെട്ടു കരണങ്ങൾക്ക് അതിന് ശേഷമില്ലാതെ ആത്മാവിന് അധീനമാണ് ഇന്ദ്രസൃഷ്ടം അത് ഇന്ദ്രന്റെ സൃഷ്ടിയാണ് ഇന്ദ്രന്റെ സൃഷ്ടിയായിരിക്കുന്ന ആ കർണങ്ങൾക്ക് ബുദ്ധിയായാലും ശരി പ്രാണനായാലും ശരി എങ്ങനെ നേരിട്ട് അതിനറിയാൻ കഴിയും ബ്രഹ്മത്തെങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയും അത് കഴിയും സാക്ഷാത്കരിക്കുന്നതിന് ഇന്ദ്രന് മാത്രമേ കഴിയൂ ആത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ അതാണ് മറ്റുള്ളതെല്ലാം പരാജയപ്പെട്ടത് അവരെല്ലാവരും സമീപിച്ചു ഇന്ധനെ സമീപിച്ചു ഇനി ഇന്ധനം തന്നെ അന്വേഷിക്കട്ടെ ഞങ്ങൾ അന്വേഷിച്ച് പരാജയപ്പെട്ടു ഇവിടെ പറഞ്ഞത് ദേവാസുര സംഗ്രാമം ഭാഷകാലം പറഞ്ഞു ദേവാസുരയുദ്ധം ആ ദേവാസുര യുദ്ധം ഇവിടെ ആന്തരികം തന്നെ ആന്തരികമായ യുദ്ധം ഇവിടെ സാധനയെക്കുറിച്ച് പറയുന്നു സാധകനോട് പറയുന്നു അപ്പം ആ സാധനാരൂപത്തിലുള്ള സാധന ഒരു യുദ്ധമാണ് അതിൽ മുന്നോട്ട് പോകേണ്ടവരാണ് വിജയിക്കുന്നത് മുന്നോട്ടു പോകേണ്ടവർ പരാജയപ്പെടുന്നു അസുരന്മാർ പരാജയപ്പെടുന്നു ദേവന്മാർ വിജയിക്കുന്നു സാക്ഷാത്കാരത്തിന് ഉപകരിക്കുന്ന സാത്വിക ദേവി സമ്പത്തോടു കൂടിയിരിക്കുന്ന കരണങ്ങൾ അത് വിജയിച്ചു ആസുരഭാവമുള്ളതെല്ലാം പരാജയപ്പെട്ടു അല്ലെങ്കിൽ ആ കർമ്മങ്ങളുടെ ആസുരീഭാവങ്ങളെല്ലാം പോയി അതിന് ദൈവീഭാവം വന്നു ദൈവീസമ്പത്ത് വന്നു മനസ്സിനും പ്രാണനും മറ്റേന്ദ്രിയങ്ങൾക്കുമെല്ലാം പക്ഷെ അവിടെ അഭിമാനം അതിലഭിമാനം വരാൻ പാടില്ല അഭിമാനം വന്നു അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയാണ് അന്തരി അമി സ്വന്തം സാന്നിധ്യത്തെ പ്രകാശിപ്പിക്കുന്നത് അത് ഇന്ദ്രനെ തിരിച്ചറിയാൻ കഴിയും അജീവനാണ് അത് തിരിച്ചറിയേണ്ടത് ഇന്ദ്രനെ അത് ബോധ്യപ്പെടുത്തണം ഇന്ദ്രിയങ്ങൾ എത്ര ശ്രമിച്ചാലും അത് ബോധ്യപ്പെടില്ല പ്രാണനും ബോധ്യപ്പെടുത്തില്ല അതുകൊണ്ടാണ് ഇന്ദ്രനെന്ത് ചെയ്തോ അതിൻ്റെ സമീപത്തേക്ക് ചെന്നു സമീപത്തേക്ക് ചെന്നുകഴിഞ്ഞപ്പോൾ ആ അന്തര്യാമി അപ്രത്യക്ഷമായി അത് വെളിപ്പെടുന്നില്ല അത് വെളിപ്പെടാതിരുന്നുകഴിഞ്ഞാൽ സാധനാ സമ്പന്നനായ ഒരു വലിയൊരു ജീവനാണ് അത് വെളിപ്പെടാതിരുന്നുകഴിഞ്ഞാൽ പിന്നെന്താ അറിയുന്നത് സ തസ്മിൻ ദേവ് ആകാശ് കസ്തുവ് അവൻ അവിടെ നിന്നു അവൻ തന്റെ മാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞില്ല മറ്റുള്ളവർ എന്താണ് പറഞ്ഞത് തഥയേവ നിവ വൃതയെ കർണങ്ങൾ പിന്തിരിയുന്നു യെതോ വാചോ നിവർത്തന്ത അപ്രാപ്യ മനസ്സാസാശ്വതി പറയുന്നു കർണങ്ങൾക്ക് പിന്തിരിഞ്ഞേ പറ്റു പക്ഷെ ജീവനെ പിന്തിരിയേണ്ട ആവശ്യമില്ല തസ്മിന്റെ വാകാശി തസ്തു എവിടെയാണോ അതിനെ സാക്ഷാത്കരിക്കേണ്ടത് അവൻ അവിടെ തന്നെ നിന്നു എന്നുവെച്ചത് വളരെ മുന്നോട്ട് പോയിട്ടുള്ള കാര്യം പറയുകയാണ് സാധന സമ്പത്തി നേടിയ ഒരുവന്റെ കാര്യം പറയുകയാണ് അവിടെയും അഭിമാന ശേഷിക്കുന്ന ഒരുവന്റെ കാര്യം പറയണം അവനെന്ത് ചെയ്തു കിം ദക്ഷമിതി ധ്യായൻ ധ്യാനിച്ചുകൊണ്ടുതന്നു ധ്യാനെന്ന് ഭാഷകാരൻ വ്യാഖ്യാനിച്ചു ആർക്കാ ധ്യാനിക്കാൻ കഴിയുന്നത് ബുദ്ധിക്ക് കഴിയുമോ ധ്യാനിക്കാൻ കഴിയത്തില്ല കരണങ്ങൾക്കൊന്നും കഴിയത്തില്ല കർണങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അത് കർത്താവിന് അധീനമാണ് കർത്താവായിരിക്കുന്ന ജീവൻ അധീനമാണ് കർണങ്ങൾ അപ്പം അതിന് സ്വയം ഒന്നിനു സാധ്യമാണ് അതിന് ധ്യാനിക്കാൻ സാധ്യമാണ് ധ്യാനിക്കുന്നത് ആ ഒരു ജീവനാണ് ധ്യാനിക്കുന്നത് അപ്പൊ തന്റെ മുമ്പിൽ എന്താണ് ഇവിടെ യക്ഷൻ കൈയെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലെത്തി അപ്രത്യക്ഷമാണ് ആ ഒരു സ്ഥിതിയിൽ പിന്നെന്താ ചെയ്യേണ്ടത് ധ്യാനിക്കുക അതാണ് ഇന്ദ്രൻ ധ്യാനിച്ചു എന്ന് പറയുന്നത് എന്നാ നിവ വൃത അവൻ പിന്തിരിഞ്ഞില്ല ഇനി പിന്തിരിയാൻ പറ്റത്തില്ല മുന്നോട്ട് പോയി ഒരു സാധനസമ്പന്നനായ ജീവൻ ആ സാധനസമ്പത്തിക്ക് വേണ്ടി തന്റെ കർണങ്ങളെല്ലാം ആശ്രയിക്കുന്നു മുൻ പ്രാണന ഉപയോഗിക്കുന്നു ബുദ്ധി ഉപയോഗിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പ്രാണനിയന്ത്രണം മനോ നിയന്ത്രണം ഇതെല്ലാം സാധിക്കുന്നു ദേവാസുര യുദ്ധം അവിടെ നടക്കുന്നു അവനാ ദേവീ ഭാവങ്ങളെല്ലാം വിജയിക്കുന്നു ആസുരഭാവങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു അങ്ങനെ അവൻ പുരോഗമിക്കുകയാണ് അങ്ങനെ പുരോഗമിക്കുമ്പോൾ അവന് ആ സാധന സമ്പത്തിയിൽ അഭിമാനം വരാം ചെന്ന് പറയുന്നില്ലേ അങ്ങനെ ഇത്ര മണിക്കൂർ ധ്യാനിക്കുന്നവനാണ് ഞാൻ ഇത്ര മണിക്കൂർ ജപിക്കുന്നവനാണ് ഇത്ര മണിക്കൂർ ഞാൻ ഭരിക്കുന്നവനാണ് എന്ന പോലെ ഭക്തൻ വേറെയില്ല ഇങ്ങനെയുള്ള അഭിമാനങ്ങൾ വരാറ് അത്തരം അഭിമാനങ്ങൾക്ക് അഭിമാനം വരാം ഇവിടെ ഇന്ദ്രനു അഭിമാനം ശേഷിച്ചു അഭിമാനം ഇരിക്കുമ്പോൾ അന്തരീക്ഷമി അപ്രത്യക്ഷമാകും അതിന്റെ വിദൂര ദർശനം സാധ്യമായ അപ്രത്യക്ഷമാണ് ഈഷദ് ദർശനം അടുത്ത് ഇനി പറയും അത് മിന്നൽ പോലെയാണ് മിന്നൽ എന്ന് പറഞ്ഞാൽ എന്താ കണ്ട് കാണുന്നില്ല കണ്ട് നിൽക്കാൻ കഴിയുന്നില്ല പക്ഷെ കണ്ട് മറഞ്ഞു എന്നാൽ അതിനു മുന്നൊരു പ്രകാശം കാണാനോട്ട് കിട്ടുകയുമില്ല മിന്നലിന്റെ തേജസ് നമ്മൾ കാണുന്ന എല്ലാ തേജസ്സിനെക്കാളും വലുതാണ് കാരണം ആ മിന്നലിൽ കണ്ണടഞ്ഞു പോവും കണ്ണിന് സഹിക്കാൻ കഴിയുമെന്നുള്ളതിനും വലുതാണ് അതിന്റെ തേജസ് പ്രകാശ് പക്ഷെ അത് കണ്ടിട്ട് കാണാത്തതുപോലെ അതുപോലെയാണ് ഇവിടെ ഇന്ദ്രനും കണ്ടു പക്ഷെ അപ്രത്യക്ഷമായി അത് ഉയർന്നൊരു സ്ഥലമാണ് പക്ഷെ ഇന്ദ്രൻ യോഗ്യനാണ് ഇന്ദ്രസിയ യക്ഷ ഭക്തി ബുദ്ധ ഇന്ദ്രനെന്ത് ചെയ്തു അവിടെ ധ്യാനിക്കുന്നു ഇന്ദ്രിയാതെ ധ്യാനിക്കുന്നു അപ്പൊ ആ യക്ഷനുള്ള ഭക്തി ഭജനം അത് മനസ്സിലായി മനസ്സിലായി എന്ത് ചെയ്തു വിദ്യ ഉമാരൂപിണി പ്രാതുരഭൂ അവിടെ വിദ്യ എന്ന് തന്നെ പറയും ഇവിടെ ശ്രുതി പറഞ്ഞു അതൊരു സ്ത്രീയാണ് സുന്ദരിയായ സ്ത്രീയാണ് ഉമ്മയാണ് ദേവിയാണെന്നെല്ലാം പറഞ്ഞു ഭാഷകാരൻ നേരത്ത് പറയുന്നത് എന്താണ് ആ സുന്ദരിയായ സ്ത്രീ മറ്റാരുമല്ല വിദ്യയാണ് ആത്മവിദ്യയാണ് മറ്റു സാധന സമ്പന്നനായ ഒരുവൻ അവന് പ്രകടമാകുന്ന ഒന്നാണ് ആത്മവിദ്യ ഇപ്പോ അവൻ ധ്യാനിക്കുമ്പോൾ ആത്മധ്യാനത്തിൽ പ്രകടമാകുന്നു അതാണ് ഇവിടെ ശ്രുതി വെളിപ്പെടുത്തുന്നത് ആ വിദ്യ പ്രകടമായി ആ വിദ്യയാണ് ഇനി കാണിച്ചു കൊടുക്കേണ്ടത് യക്ഷൻ ആരാണ് എന്നാൽ വിദ്യ കാണിച്ചു കൊടുക്കുന്നു വിദ്യ ഇവിടെ വെളിപ്പെടുത്തുന്നു എന്നാണ് ഇത് വളരെ സ്പഷ്ടമാണ് സാധനാ സമ്പന്നനായിരിക്കുന്ന ജീവൻ കേവലം അഭിമാനം തടസ്സമായിരുന്നു ആ സാധനയിലുള്ള അഭിമാനം അത് വന്നുപോകും എന്തെങ്കിലും ആത്മീയഭാവങ്ങൾ ഒരുവനൻ പ്രകടമാകുമ്പോൾ അതിൽ അഭിമാനിച്ചു പോവുക അത് സ്വാഭാവികമാണ് കാരണം അഭിമാനം അത്ര ശക്തിമത്താണ് പക്ഷെ അത് പിന്നീട് സാക്ഷാത്കാരത്തിന് അത് തന്നെ തടസ്സമായി നിൽക്കുന്നു അവിടെ എന്ത് ചെയ്യുന്നു ധ്യാനിക്കുന്നു സാധന തുടരുന്നു ധ്യാനരൂപത്തിന് ആ സാധനയിൽ വിദ്യ പ്രകടമാകുന്നു അതാണ് മുഖ്യമായ വിദ്യ പരാവിദ്യ ബാക്കി അതിനു മുമ്പ് സമ്പാദിച്ചതന്നെ അപരാവിദ്യ എന്ന് പറയും നമ്മള് അടുത്ത മനുഷ്യ ചർച്ച ചെയ്യുമ്പോ അത് പറയും അപരാവിദ്യ നമ്മൾ സമ്പാദിക്കുന്നു പരാവിദ്യ പറയുന്നത് പ്രകടമാകുന്നത് അതാണ് പ്രാതുരഭൂ എന്ന് പ്രകടമായി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് എന്താണോ ഇവിടെ ഇന്ദ്രൻ ധ്യാനിച്ചു പിന്തിരിഞ്ഞില്ല ഈ ധ്യാനം എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദ്യ പ്രകടമാകാൻ വേണ്ടിട്ടാണ് അതിനു വേണ്ടിട്ടാണ് ധ്യാനിച്ചത് അപ്പൊ ധ്യാനം മറ്റൊന്നിനു വേണ്ടിയാകരുത് നമുക്ക് എന്തിനേയും ധ്യാനിക്കാം ഇഷ്ടമുള്ള എങ്ങനെയും ധ്യാനിക്കാം എങ്ങനെയും ധ്യാനിക്കാം ധ്യാനത്തിന് പല വഴികളുണ്ട് പക്ഷേ അന്തിമമായ ധ്യാനം എന്ന് പറയുന്നത് ഈ വിദ്യ ഉമാരൂപിണിയായിരിക്കുന്ന ആത്മവിദ്യ അത് പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ് പരാവിദ്യയ പ്രകാശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധ്യാനമാണ് അതിന് നമ്മൾ നിധിധ്യാസനം എന്നും മറ്റും പറയുന്നു അവിടെ വിദ്യ പ്രകടമാകുന്നു വീക്ഷണം വെളിപ്പെടുത്തുന്നു അത് വിദ്യക്കെയും വെളിപ്പെടുത്താൻ അപ്പോ അതുവരെയുള്ളതോ അതുവരെയുള്ള വിദ്യ സാധനാരൂപത്തിലുള്ള ആ വിദ്യ അതെല്ലാം അവിടെ പരാവിദ്യ അല്ല അപരാവിദ്യ തീരുന്നു പരാവിദ്യയിൽ മറ്റു വിദ്യകളെല്ലാം അപരാവിദ്യീരുന്നു ആർജിക്കുന്ന വിദ്യ ിക്കുന്ന വിദ്യ മനനം ചെയ്യുന്ന വിദ്യ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന വിദ്യ ഇതൊന്നുമല്ല വിദ്യ എന്ന് പറയുന്നു ഇതൊന്നുമല്ല അറിവ് ഇതെന്നും പറഞ്ഞു എന്താണ് ബുദ്ധിയുടെ കളിയാണ് മനോവൃത്തി ആണ് കേവലം മനോവൃത്തിയാണ് ഈ മനോവൃത്തിക്ക് ഇത് സാധ്യമല്ല മനോവൃത്തിയല്ല സാക്ഷാത്കാരം എന്തുകൊണ്ട് ഇതെല്ലാം പുറമേ നിന്ന് വരുന്ന നമ്മൾ കേൾക്കുന്നു വായിക്കുന്നു മനസ്സിലാക്കുന്നു എല്ലാം പുറമേ നിന്ന് വരുന്നു എല്ലാം ബുദ്ധിയുടെ പരിണാമമാണ് ഇതാണ് മഹത്വമുള്ളത് എന്ന് തരിക തെറ്റിപ്പോയി ഇതാണ് അവസാനത്തതെന്ന് തരി തെറ്റിപ്പോയി എന്തുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നു ഇവിടെ നിന്ന് ബുദ്ധിയും പ്രാണനും പിന്തിരിഞ്ഞതായിട്ട് പിന്നെ നമ്മൾ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതാണോ വിദ്യ ഒരിക്കലുമല്ല ഇതെല്ലാം ആ പരാവിദ്യ പ്രകടമാകുന്നതിനുള്ള ബാഹ്യമായ നിമിത്തങ്ങൾ മാത്രം അത് പറഞ്ഞല്ലോ സാധനാ സമ്പന്നനായ ഒരുവനാണിത് പ്രകടമ ഇതെല്ലാം സാധനാ സംബന്ധിക്ക് ഉതകുന്നു അത്രയുള്ളൂ ഇതൊന്നും വിദ്യ ഇത് കേവലം ശബ്ദാർത്ഥങ്ങൾ വാക്യാർത്ഥങ്ങൾ അതങ്ങനെ വിദ്യാ നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ് ബുദ്ധിയുടെ സൃഷ്ടിയാണ് ബുദ്ധി പരാജയപ്പെടുന്നിടത്ത് ബുദ്ധിയുടെ സൃഷ്ടിക്കെന്ത് ചെയ്യാൻ കഴിയും ബുദ്ധിയെ തന്നെ പരാജയപ്പെടുന്നു എന്നാണ് ഇപ്പൊ ബുദ്ധിയുടെ സൃഷ്ടിയായിരിക്കുന്ന ഈ അറിവിനൂടെ എന്താ സ്ഥാനം അത് വ്യർത്ഥമല്ല അതിന് പരിമിതി ഉണ്ടെന്നാണ് പറയുന്നത് അത് ഉള്ളിൽ നിന്നും പ്രകടമാകുന്നതാണ് ഇപ്പൊ ഇന്ദ്രൻ ധ്യാനിച്ചപ്പോൾ പ്രാതുരഭൂത് അത് ആ വിദ്യാരൂപിണിയായി അത് പ്രകടമായി അതാണ് അന്തിമമായ അറിവ് ചരമജ്ഞാനം ധ്യാനം അതിനുവേണ്ടിയായിരിക്കണം അപ്പോ ആ ധ്യാനം എങ്ങനെയുള്ളതായിരിക്കും അറിഞ്ഞല്ലോ നമ്മൾക്ക് എന്തിനേം ധ്യാനിക്കുക എങ്ങനെയും ധ്യാനിക്കുക അതായിരിക്കില്ല ഇവിടെ ഇന്ദ്രൻ ധ്യാനിച്ചതായ യക്ഷനെയാണ് ധ്യാനിച്ചത് തന്റെ മുമ്പിൽ വന്ന പറഞ്ഞു പൂജനീയമായ മഹത്തായ ആരൂപത്തെയാണ് ധ്യാനിച്ചത് അന്തര്യാമിയെ പരമാത്മാവിനെയാണ് ധ്യാനിച്ചത് ഇവിടുത്തെ ധ്യാനം എന്ന് പറയുന്നത് ധ്യാനമാണ് പരമാത്മ ധ്യാനം നിയോദിക്കുമ്പോൾ ചില ചോദിക്കും നാമരൂപങ്ങളില്ലാത്ത പരമാത്മാവിനെ എങ്ങനെ ധ്യാനിക്കുന്നു ധ്യാനിക്കുന്നെങ്കിൽ രൂപം വേണ്ടേ ദേവനെയോ ദേവിയെയോ ധ്യാനിക്കാം പരമാത്മാവിനെ എങ്ങനെ ധ്യാനിക്കാൻ പറ്റും അപ്പം നമ്മൾ പറയുന്നത് എന്താണ് യക്ഷനെ കണ്ടു യക്ഷൻ ആരാണെന്ന് ധ്യാനിച്ചു എന്താണോ ധ്യാനിക്കുന്നത് എന്തിനാണോ ധ്യാനിക്കുന്നത് അതിനെ പരമാത്മാവായി ധ്യാനിക്കുക അതാണ് അതാണ് ശരിയായിട്ടുള്ള ധ്യാനം നിങ്ങൾക്ക് എന്തിനേം ധ്യാനിക്കാം എങ്ങനെയും ധ്യാനിക്കാം പക്ഷെ എന്തിനാണോ ധ്യാനിക്കുന്നത് അതിനെ പരമാത്മാവിൽ കുറഞ്ഞൊന്നായിട്ടും ധ്യാനിക്കാതിരിക്കുക അത് ദേവനെ ധ്യാനിച്ചാലും ദേവിയെ ധ്യാനിച്ചാലും ഗുരുവിനെ ധ്യാനിച്ചാലും എന്തിനും ധ്യാനിച്ചാലും ശരി ധ്യാനിക്കുന്നതിന് പരമാത്മാവായി തന്നെ അന്തര്യാമിയായി തന്നെ സർവാത്മാവായി തന്നെ ധ്യാനിക്കുമ്പോൾ അത് പരമാത്മധ്യാനമായി അതിൽ കുറഞ്ഞുള്ള രൂപഭാവങ്ങളിലൊന്നും ധ്യാനിച്ചാൽ വിദ്യ പ്രകടമാകത്തില്ല അപ്പോൾ എന്തിനേയും ധ്യാനിക്കാം പരമാത്മഭാവത്തിൽ അതാണ് യക്ഷൻ എന്നുള്ള ശബ്ദം യക്ഷൻ എന്ന് പറയുന്നതിന് എന്താ ഭാഷകാരൻ പറഞ്ഞു മഹത്തായ മഹത്തായ പൂജനീയമായ ഒന്നിനെ ശോഭയോടുകൂടി വെളിപ്പെടുത്തിയെന്നാണ് അതാണ് ബഹുശോഭമാന എന്ന് പിന്നീട് പറഞ്ഞു ഏറ്റവും മഹത്വം ഉത്കൃഷ്ടവുമായിരിക്കുന്നതിന് വെളിപ്പെടുത്തുന്ന അത് അതുപോലെ മഹത്തായിരിക്കും അതുകൊണ്ടാണ് വിദ്യ ശോഭമാന എന്ന് പറയുന്നത് അങ്ങനെ പരമാത്മാവിനെ ധ്യാനിക്കുമ്പോൾ ആ വിദ്യ ആന്തരികമായി പ്രകാശിക്കുന്നു പരാവിദ്യ പ്രകാശിക്കുന്നു അതതിൻ്റെ വെളിപ്പെടലാണ് ഇവിടെ അതാണ് കാണിക്കുന്നത് എന്താണ് യക്ഷനധ്യാനിച്ചു വിദ്യയക്ഷനെ വെളിപ്പെടുത്തി അത് ഈ കർണങ്ങൾ കൊണ്ടൊന്നും സാധിക്കില്ലല്ലോ ഇവിടെ ഒന്ന് ഇന്ദ്രൻ ആ ജീവൻ മറ്റൊന്ന് യക്ഷൻ പരമാത്മാവ് ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തുന്ന വിദ്യ ഈ മൂന്ന് കാര്യങ്ങളെ ഉണ്ട് ആ ഇന്ദൽ ധ്യാനിക്കുന്നവനായ ജീവന് എന്തായാലും ഇതിനെ വെളിപ്പെടുത്തുന്നതിന് സ്വയം ശക്തിയില്ല അവന്റെ കർണങ്ങൾക്കും അത് സാധ്യമല്ല കർണങ്ങൾക്ക് ഏറെ സാമർഥ്യമുണ്ടെങ്കിലും പരമാത്മാവിനെ വെളിപ്പെടുത്താൻ സാധിക്കും അപ്പോ ഇവിടെ വിദ്യ പ്രകടമായി എന്ന് പറയുമ്പോൾ എന്താണ് അത് പൂർണമായും പരമാത്മാവിനെ അധീനമാണ് വിദ്യ അന്തര്യാമിക്ക് അധീനമാണ് അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ജീവൻ അധീനമല്ല ജീവന്റെ ബുദ്ധിക്ക് ജീവന്റെ യത്നത്തിന് അധീനമല്ല ഇത് വ്യക്തമാക്കുകയാണ് അത് പരമാത്മാവിനെ അധീനമാണ് അന്തര്യാമിക്ക് അധീനമാണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് സ്വയം പ്രകാശമാണ് അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നിനും സാധ്യമല്ല അത് ഇവിടെ പറയുന്നു അതിന്റെ സ്വയം പ്രകാശമാണ് വിദ്യ പ്രകടമാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് ബഹിർഗമിക്കുക എന്നാണ് സൂര്യൻ ആകാശത്ത് പ്രകടമാകുന്നു സ്വയം പ്രകാശിക്കുന്നു അതിന്റെ പ്രകാശം വേറെ ആരും അവിടെ കൊണ്ടുവച്ചതല്ല അതിൽ നിന്ന് തന്നെ നിർഗമിക്കുന്നതാണ് അതുപോലെ പരാവിദ്യ ആ പരമാത്മാവിൽ നിന്നും നിർഗമിക്കുന്നതാണ് സൂര്യൻ തന്റെ തന്നെ പ്രകാശത്തിൽ വെളിപ്പെടുന്നതാണ് തന്നിൽ നിന്ന് തന്നെ ബഹുർഗമിക്കുന്ന ആ പ്രകാശത്തിലാണത് വെളിപ്പെടുന്നത് അതുപോലെ ഈ അന്തര്യാനിയും തന്നിൽ നിന്ന് തന്നെ തന്നിൽ നിന്ന് തന്നെ പ്രകാശിക്കുന്ന ആ കൊണ്ട് വെളിപ്പെടുന്ന ബാക്കി സർവ്വത് ശ്രവണമനനം ധ്യാനങ്ങളെല്ലാം വെറും ബാഹ്യ നിമിത്തങ്ങൾ മാത്രം വളരെ ദൂരെയുള്ള നിമിത്തങ്ങൾ അതിൽ നിന്ന് ആർജിക്കുന്നതെല്ലാം ആ പരം ആ പരമാത്മാവിൽ നിന്നും നിർഗമിക്കുന്നത് പരം അങ്ങനെയുള്ള പരമമായ വിദ്യയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് ബഹുശോഭമാണ് പറയുന്നത് ഇതെല്ലാം ശോഭയുള്ളതാണ് ശ്രവണം മനനം അതിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന അറിവ് അത് വളരെ ശോഭയുള്ളതാണ് എന്തുകൊണ്ട് അത് തത്വത്തെ വെളിപ്പെടുത്തുന്നു ശാന്തിയെ പകരുന്നു അതൊക്കെയാണ് അതിന്റെ ശോഭ പക്ഷെ നമുക്കതിനെ കുറിച്ച് പരാതിയാണ് എന്താണോ ഉറക്കുന്നില്ല അത് നഷ്ടപ്പെട്ടു പോകുന്നു നിലനിൽക്കുന്നില്ല സ്ഥായിയല്ല ജ്ഞാനിയാകുന്നു അടുത്തജ്ഞാനിയാകുന്നു മുക്തനാകുന്നു വീണ്ടും സംസാരത്തിൽ പെട്ടുപോകുന്നു സ്ഥായിയായ ഒരു പരിഹാരം ഇതിൽ കിട്ടുന്നില്ല അത് പരാവിദ്യയിൽ നിന്നും കിട്ടത്തില്ല അപരാവിദ്യകളിൽ നിന്നും അത് ബാഹ്യമായി ആർജിക്കുന്ന ഈ അറിവിൽ നിന്നും അത് കിട്ടത്തില്ല കാരണം ഇത് പരിച്ഛിന്നവും ക്ഷണികവുമാണ് ഇതിനെ സ്ഥായിയാക്കാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മളെ തെറ്റ് നമ്മളെ ആർജിക്കുന്ന അറിവുകളെ നിലനിർത്താനും എന്തുകൊണ്ട് നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് ശോഭയുള്ളതാണ് കേൾക്കുമ്പോൾ സുഖമുള്ളതാണ് ശാന്തി തരുന്നതാണ് അതുകൊണ്ട് അത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു പക്ഷെ നിലനിർത്ത കാരണം അതതിന്റെ സ്വഭാവമാണ് അത് വൃത്തിയാണ് ബുദ്ധിവൃത്തിയാണ് അതിവിടെ പരാജയപ്പെടുന്ന ഒന്നാണ് പക്ഷെ അതിന് താൽക്കാലികമായ ശോഭയുണ്ട് പരാവിദ്യ അങ്ങനെയല്ല അത് ബഹുശോഭമാണ് അതിന് മറ്റൊന്നുകൊണ്ട് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല അത് സ്ഥായിയോ അസ്ഥായിയോ അല്ല രണ്ടുമല്ല നിങ്ങൾ അസ്ഥായിയായ ഈ ജ്ഞാനത്തെ സ്ഥായി ആകാശമില്ല ഇത് സ്ഥായി അസ്ഥായി എന്ന് പറയുന്നതിനപ്പുറമുള്ളതാണ് അത് പരമാത്മാവിൻ്റെ തന്നെ പ്രകാശമാണ് അതിന് നിത്യാനിത്യങ്ങളില്ല സൃഷ്ടി നാശങ്ങളില്ല അതുകൊണ്ട് പറയുന്നത് ബഹുശോഭമാനമാണ് അത് നിത്യ നിരന്തരമാണ് വിശേഷണം ഉപന്നം ഭവതി അതുകൊണ്ടാണ് വിശേഷണം പറഞ്ഞിരിക്കുന്നത് ബുദ്ധി വൃത്തിയല്ല അത് ആരെങ്കിലും സൃഷ്ടിച്ചതല്ല കണ്ടെത്തിയതല്ല യത്നസാധ്യമല്ല ഹേമകൃത ആ യുവ ബഹുശോഭമാണ് അത് ഇവിടെ ഭാഷതാരം പറഞ്ഞു എന്താണ് സർവജ്ഞേന ഈശ്വരേന സഹവർത്തതേ സർവജ്ഞനായിരിക്കുന്ന ആ പരമാത്മാവിനോട് മേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ വർത്തിക്കുന്നതാണ് ശിവശക്തി യോഗം എന്ന് പറയുന്നത് അതാണ് രണ്ട് രണ്ടല്ല ഒന്നാണ് അങ്ങനെയിരിക്കുന്ന വിദ്യയാണ് ജീവന് പ്രകടമായത് പരമാത്മാവിൽ നിന്ന് പറയാം അതാണ് ഇന്ദ്രന്റെ ഇന്ദ്രത്വം അതാണ് അഭിമാനത്തെ നശിപ്പിക്കുന്നത് അവസാനത്തെ അഭിമാനത്തെ ആ സാധനങ്ങളിലുള്ള അഭിമാനത്തെ അതിനെ നശിപ്പിക്കുന്നത് ആത്മീയ അഭിമാനത്തെ നശിപ്പിക്കുന്നു ഈ ശരീരത്തിലുള്ള അഭിമാനം പോകണം മറ്റു പലതിനുമുള്ള അഭിമാനം ഇല്ലാതാകണം എന്ന് നമ്മൾ പറയും ഇതൊക്കെയാണ് തടസ്സം ദേഹോഹം ബുദ്ധി ഇതൊക്കെ ആത്മലാഭത്തിന് തടസ്സമാണെന്ന് പറയും ശരിയാണ് പക്ഷെ ഇതിനു എത്രയോ ഗൗരവമുള്ള ദൃഢമായ അഭിമാനമാണ് ആത്മീയ അഭിമാനം ഭൗതികാഭിമാനത്തേക്കാളും വളരെ പല അപകടം പിടിച്ചതാണ് ഭൗതിക അഭിമാനത്തെക്കാളും അപകടം പിടിച്ചത് ഭൗതികമായ ഭൂതജന്യമായ ഈ വസ്തുക്കളിലുള്ള അഭിമാനം സമ്പത്തിലോ ശരീരത്തിലോ ബന്ധുക്കളിലോ ഒക്കെയുള്ള അഭിമാനത്തെക്കാളും അത് വളരെ വലുതാണ് എന്തുകൊണ്ട് അത് സാധന യുക്തനായി ഒരുവനും വന്നുചേരുന്നതാണ് താൻ ദിവ്യനും ശ്രേഷ്ഠനും ആണെന്ന് സ്വയം തോന്നിപ്പോക താൻ യോഗ്യനാണെന്ന് തോന്നിപ്പോ സ്വാമിത്വ അഭിമാനം അങ്ങനെ പല അഭിമാനങ്ങളും വളരെ സൂക്ഷ്മവും നശിപ്പിക്കാൻ പ്രയാസമുള്ളതും തിരിച്ചറിയാൻ പ്രയാസമുള്ളതാണ് ഇതൊരു ദൂഷണമാണെന്ന് കരുതാതെ ഇതിനെ ഭൂഷണമായി ചുമക്കേണ്ടി വരുന്ന ഗതികേട് അതിൽ പെട്ടുപോകും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമുള്ള കാര്യമാണ് അവസാനത്തെ അഭിമാനം അതിനെ നശിപ്പിക്കുന്നതാണ് അതാണ് ഇവിടെ പറയുന്നത് ആ വിദ്യ പ്രകടമായി ആന്തരികമായി പ്രകടമായി പിന്നെ അവിടെ ബാഹ്യവിദ്യകൾക്കൊന്നും നിലയില്ലാതായി അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇല്ലാതെ ഇല്ലാതായി പിന്നെ സംഭവിക്കുന്നത് ആത്മസംവാദമാണ് പിന്നെ സംഭവിക്കുന്നത് ആത്മവിദ്യയിൽ സംഭവിക്കുന്നു ഇവിടെ നമ്മുടെ ബുദ്ധിയുടെ സംവേദനം സംവാദം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ വായിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ ഉപദേശങ്ങൾ അവിടെ സംവേദനം പ്രതിസംവേദനം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ബുദ്ധി അത് ചോദ്യങ്ങളും സമാധാനങ്ങളും വരുന്നു സത്സംഗത്തെ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് സമാധാനം വരുന്നു ഗുരുവിന്റെ സമീപത്തെ ഒന്ന് ചോദ്യം ചോദിക്കുന്നു സമാധാനം കിട്ടുന്നു വീണ്ടും അസമാധാനത്തിലേക്ക് പോകുന്നു അടുക്കുമ്പോൾ അശാന്തി അകലുമ്പോൾ അശാന്തി ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതങ്ങനെയല്ല ഇന്ദ്രഹത്താം ഉമാം കവ്വാച്ച പപ്രശ്ച്രൂഹി അവിടെ ആന്തരികമായ സംവാദമാണ് ശരിയായ വിദ്യ അവിടെയാണ് ആന്തരികമായ സംവാദത്തിലാണ് നിൽക്കുന്നത് ബാഹ്യമായ സംവേദനത്തിലല്ല ഇന്ദ്രൻ ആ വിദ്യയോട് ചോദിച്ചു തന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ വിദ്യയോട് ചോദിച്ചു നമ്മൾ പുറമെ ആർജിക്കുന്ന അറിവിനെ ബുദ്ധിയിലിട്ട് കറക്കുകയാക്കി ബുദ്ധിയിലിട്ട് യുക്തി പ്രയോഗിക്കാറ്റിയും അതിൻ്റെ ശരിയും തെറ്റും നമ്മൾ ചിന്തിച്ച് ബുദ്ധിയിൽ ധാരണകൾ ഉണ്ടാക്കിയെടുക്കുകയും ആത്മാഭിന്നതാണ് അനാത്മാഭിന്നതാണ് എന്നിങ്ങനെ ഇതങ്ങനെയുണ്ട ഇന്ദ്ര താം ഉമാം കപ്രഛ തന്റെ ആന്തരികവുമായി വെളിപ്പെട്ട ആ വിദ്യ അത് ബാഹ്യനിരപേക്ഷമായ വിദ്യയാണ് അതുവരെയുള്ള സാധന അതിന് കാരണമാണെന്നുള്ള നിലയ്ക്ക് അത് ബാഹ്യമായതിനപേക്ഷിക്കുന്നുണ്ടെങ്കിലും അത് പ്രകടമായിരിക്കുന്ന നിരപേക്ഷമായിട്ടാണ് അത് പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണ് ആത്മസംവേദനമാണ് ആത്മസംവാദമാണ് ആത്മസല്ലാപമാണ് അതാണുള്ള പറയുന്നത് പപ്രച്ഛാർ ബ്രൂഹി കിമേ ദർശയിത്വ തിരോഭൂതം യക്ഷമിതി പറയുമോ മിന്നൽ പോലോന്ന് പ്രകാശിച്ചിട്ട് മറന്നുപോയ ഈ യക്ഷനാരാണ് അതു പിന്നെ ആന്തരികമായി മാത്രം നടക്കുന്ന സംവാദമാണ് വിദ്യയും വിദ്വാനും തമ്മിലുള്ള സംവാദം അവിടെ രണ്ടേ ഉള്ളു വിദ്യയും വിദ്വാനും മാത്രം ഇവിടെ അങ്ങനെയല്ല വിദ്വാൻ വിദ്യ അതിന്റെ ബാഹ്യമായ നിമിത്തങ്ങൾ ശാസ്ത്രം അല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ മറ്റു സാധനകൾ ത്രിപുടികൾ മറ്റതങ്ങനെ വിദ്യ വിദ്വാനും മാത്രം അതു ധാരാണീയക്ഷൻ അവിടെ പരാവിദ്യ പ്രകാശിക്കുന്നു കാരണം ഇവിടെ പറഞ്ഞല്ലോ ഇന്ദ്രനത് പ്രകടമായതാണ് പക്ഷെ മറഞ്ഞുപോയി ആണ് ദർശയിത്വ തിരോഭൂതം സ്വരൂപത്തെ പ്രകടമാക്കിയിട്ട് മറഞ്ഞുപോയി അങ്ങനെ മറഞ്ഞ ശേഷൻ ആരാണ് പജ്ഞന്റെ ശ്രവണമോ മനനമോ ധ്യാനമോ അല്ലെങ്കിൽ ഇവിടെ വിദ്വാന്റെ ആന്തരികമായ ശ്രവണം മനനം ധ്യാനങ്ങളെ കുറിച്ച് പറയും അവിടെ ശ്രവണം മനനം ധ്യാനം ഒന്നും ഒന്ന് അതിന് ഉമാർഡർ സ ബ്രഹ്മിഹോവാച്രഹ്മണോ വാതദ്വിതയ മഹീയധമിതി തോഹൈവ് വിതച്ചേദിവാച അവൾ പറഞ്ഞു എന്താണ് ബ്രഹ്മ അവിടെ പിന്നെ രണ്ടാമത് വേറെ ഒന്നും പറയാൻ ബ്രഹ്മം ബ്രഹ്മത്തെ വെളിപ്പെടുത്തുമ്പോൾ ബ്രഹ്മം ഒന്നല്ലാതെ എന്താ പറയാ മറ്റെന്തെങ്കിലും പറയാനോ അതിന് രണ്ടാമതൊരു പദം ഉപയോഗിക്കാനില്ല എന്താണ് നിനക്ക് മുമ്പുണ്ടായ ക്ഷണദർശനം അത് ബ്രഹ്മം തന്നെ അത് തന്നെയാണ് ബ്രഹ്മം അതാണ് സർവാന്തര്യാമിയായിരിക്കുന്നത് ഒരു കഥാരൂപത്തിൽ കൊലപ്പെടുത്തുകയാണ് ശരിക്കൊരു സാധകന്റെ ആത്യന്തികമായ അനുഭവത്തിൽ ബ്രഹ്മണ ഈശ്വരസീയ വിജയേ ഈശ്വരേണേ വജിത അസുരാഹ യൂയം തത്ര നിമിത്തമാത്രം ഇവിടെ എന്തൊക്കെയാണോ പരമാർത്ഥത്തിലൊന്നേ ഉള്ളൂ ഈശ്വരൻ സർവാന്തര്യാമി ആ ഈശ്വരനാണ് ഈ സാധകന് വിജയത്തെ കൊടുക്കുന്നത് ആത്മീയ ഉത്കർഷത്തെ കൊടുക്കുന്നത് പറഞ്ഞാൽ ഈശ്വര ദർശനത്തെ കൊടുത്തത് ക്ഷണികമായ ദർശനത്തിന് നൽകിയത് ഈശ്വരൻ തന്നെയാണ് പക്ഷെ അവൻ ഭ്രമിച്ചു വന്നാണിതെല്ലാം എന്റെ സാധനയുടെ ഫലമാണ് എന്റെ ജപത്തിന്റെ തപത്തിന്റെ എല്ലാം ഫലമാണ് എന്റെ യത്നത്തിന്റെ ഫലമാണ് എന്റെ ബുദ്ധിയുടെ ഫലമാണ് പറയുന്ന ഈശ്വരസ്വ വിതയെ ജിത അസുരാഹ എന്റെ അസുരന്മാരെല്ലാം നശിപ്പിച്ചതാരാ ഈശ്വരനാണ് സാധനയ്ക്ക് ഫലം തന്നെ ആരാ ഈശ്വരനാണ് നിന്നെ കൊണ്ട് സാധനങ്ങൾ ആരാ ഈശ്വരനാണ് നിന്റെ പൗരുഷമല്ല നിന്റെ ബുദ്ധിയല്ല സർവവും സർവ്വ അന്തര്യാമിയുടെ അധീനതയിലാണ് ആ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ അഭിമാനത്തെ തിരിക്കാൻ പറ്റൂ അതായത് എനിക്ക് അഭിമാനം വേണ്ട അല്ലെങ്കിൽ എനിക്ക് അഭിമാനമില്ല ഞാൻ നിരഹങ്കാരിയാണ് എന്നൊന്നും കരുതിയാൽ ും നിന്ന് അഭിമാനം പോകട്ടു അത് വെറും വ്യർത്ഥ വാക്കാവും നമ്മൾ എത്രയേതവണ ആവർത്തിച്ച് പറയുന്നു അഭിമാനമില്ല അഹങ്കാരമില്ല പക്ഷെ അത് പറയുമ്പോഴും അതെല്ലാം തുടരുകയാണ് അഭിമാനവും അഹങ്കാരമെല്ലാം തുടരുകയാണ് അത് വാക്കുകൊണ്ട് മാറ്റാവുന്നുണ്ടല്ല കാരണം അത് വാക്ക് സൃഷ്ടിക്കല്ല അത് ജീവനിൽ രൂഢമൂലമായിരിക്കുകയാണ് പല പല ഭാവങ്ങളിൽ വരുന്നു ആദ്യം ഭൗതികമായി വരുന്നു അത് തുടരുന്നു പിന്നെ അത് ആത്മീയമായി വരുന്നു അപ്പോൾ അതെങ്ങനെ വാക്കുകൊണ്ട് മാറ്റാൻ പറ്റും വാക്ക് സൃഷ്ടിക്കാത്തതിന് വാക്കിനങ്ങനെ മാറ്റാൻ പറ്റും മനസ്സുകൊണ്ട് മാറ്റാൻ പറ്റും മനസ്സ് സൃഷ്ടിക്കാറുണ്ടാകും മനസ്സിനും മാറ്റാൻ പറ്റും അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് വിദ്യ തന്നെ പ്രകടമാകുന്നത് അങ്ങനെ ഈശ്വരീയമായ വിദ്യ അത് പറയുന്നത് എന്താണ് ഈശ്വരേണേ വജ്യത്ത ഇതെല്ലാം ഇവിടെ എല്ലാം വിജയിച്ചത് ഈശ്വരനാണ് നിങ്ങളുടെ സാധനയുടെ ഓരോ ഘട്ടത്തിനും നിനക്ക് വിജയം നൽകിയത് ഈശ്വരനാണ് നിന്നുള്ള ആത്മീയതയെന്ന് ആത്മാവിന്റേതല്ലാത്തൊരു ആത്മീയത ആത്മീയ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം ആത്മാവിൻ്റെ എന്നാണ് ഞാൻ ആത്മീയത്തിന്റെ അർത്ഥം ഈശ്വരൻ്റെ എന്നാണ് ആത്മീയ ശബ്ദത്തിന്റെ അർത്ഥം അതാണ് ഈശ്വരൻ്റെ അപ്പൊ നിന്റെ ആത്മീയത എന്ന് പറയുന്നത് എന്താണ് ഈശ്വരൻ്റേതിനെ തന്റേതെന്ന് കരുതുന്നതാണ് ആത്മീയത അവിടെ പോയില്ലേ ആത്മീയത എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വരൻ്റേതെന്നാണ് അതിന് തന്റേതെന്ന് കരുതി അവിടെ തകർന്നില്ല എന്റെ സാധന ഞാൻ സാധകൻ അന്യൻ ലൗകികൻ അന്യൻ ഭൗതികൻ ഞാൻ ആത്മീയൻ എന്ന് പറഞ്ഞ് എന്നാ തൻ്റെതാക്കുന്നു വേറിതിരിക്കുന്നു ഈശ്വരീയമായതിന് തന്റേതാക്കുന്നു അവിടെയാണ് തകരാറ് പറയുന്നു ഈശ്വര നെയ്വജിത്ത ഇവിടെ വിജയം മരിച്ചത് ആസുരസമ്പത്തിയുടെ വിജയം വരിച്ചത് സാധനയുടെ ഫലം അതാണ് ഒരു സാധനയ്ക്ക് ഈശ്വരനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല എല്ലാ സാധനങ്ങളും ആസുരസമ്പത്തി ജയിക്കാനുള്ളത് മാത്രമാണ് പക്ഷേ ഈശ്വരൻ ആ സാധനയ്ക്കുള്ള പൗരുഷം തന്നും ജീവൻ അനുഗ്രഹിച്ചിരിക്കാൻ വാ ഫലം അത് ഈശ്വരൻ്റേതാണ് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് പിന്നെ യുയം തത്ര നിമിത്തം മാത്രമാണ് അത് ബാക്കി സർവ്വതും നിമിത്തമാണ് ഇതൊന്നും ഇല്ലാതെ സാധിക്കും ബുദ്ധി ഇല്ലാതെ നടക്കും പ്രാണനില്ലാതെ നടക്കും ഒന്നും നടക്കത്തില്ല യു എം എന്ന് പറയുന്ന ഈ കരണങ്ങളെല്ലാം ജീവഭാവം ഉൾപ്പെടെയുള്ള സർവ കേവല നിമിത്ത മാത്രം വിദ്യ ധ്യാനത്തിന്റെ ഫലമല്ല ജീവിതത്തിന് അതിന് സാങ്കേതികമായിട്ടൊക്കെ പറഞ്ഞ് സമർത്ഥിക്കും തർക്കവിതർക്കങ്ങളിലൂടെയൊക്കെ അത് സമർത്ഥിക്കും അതിന്റെ ഫലമല്ല ധ്യാനത്തിന്റെ ഫലമല്ല ആ സാങ്കേതിക ചർച്ചയിലേക്ക് ഞാൻ കിടക്കുന്നില്ല അതിന്റെ ഭാവത്തെ മാത്രം പറയും നിമിത്തം മാത്രം കേവലം നിമിത്തം മാത്രമാണ് ചിലർക്ക് ചിലപ്പോ തോന്നും ഭാഷത്തിനും ഈ പറയുന്നത് പോലെ പറഞ്ഞിട്ടില്ലല്ലോ ഭാഷയത്തിൽ എന്താണോ ഒരാൾക്ക് തോന്നുന്നതെന്ന് അത് സ്വീകരിച്ചാൽ മതി എനിക്ക് തോന്നുന്ന ഇതാണ് ഇതാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ സൂചനകൾ ഉണ്ടെന്നവർ ദഹനമായ ശാസ്ത്ര ചർച്ചകൾ ഇതിനെ ആശ്രയിച്ചാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് ഇത് സൂചകങ്ങളാണ് എല്ലാവർക്കും അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട് പലയിടത്തും പ്രതീകങ്ങളെ ഭാഷകാരനും തന്നെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് പലരിടത്തും കൂടുതൽ വ്യാഖ്യാനത്തിന് മുതിരാതെ കാരണം ഓരോ സ്ഥലത്ത് ഇത് ആവർത്തിക്കുമ്പോൾ ആവർത്തനം വരും അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ വർത്തിക്കുന്നു തോന്നുന്നു ഭാഷകാരം ചെയ്യാത്ത നമ്മൾ എന്തിനു ചെയ്യുന്നു ഭാഷ്യകാരന് മുമ്പിൽ മന്ദബുദ്ധികൾ കുറവായിരുന്നു അതുകൊണ്ട് കൂടുതൽ ആവർത്തിച്ചില്ല നമുക്കത് ആവർത്തിക്കേണ്ടി വരുന്നു തത്ര നിമിത്തം മാത്രം കെവല നിമിത്തം മാത്രമാണ് അവിടെ പത്മബാതരും സുരേശ്വര ആചാര്യരും പോലെയുള്ള ആൾക്കാരെല്ലാം ഇരുന്നു നമ്മളിപ്പോൾ ഓരോരുള്ളവരാണോ ഇത് കേട്ടോണ്ടിരുന്നത് വ്യത്യാസമില്ല അപ്പം നമുക്കിത് ആവർത്തിക്കേണ്ടിയോ അതുകൊണ്ട് പലയിടത്തും സങ്കേതങ്ങളെ വ്യാഖ്യാനിക്കാത്തത് അത് വീണ്ടും ആവർത്തനം വരും എന്നുള്ളതുകൊണ്ട് അല്ലാതെ അങ്ങനൊരർത്ഥം ഇല്ലാത്തതുകൊണ്ടല്ല നമുക്കത് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ഇത് വ്യാഖ്യാനിക്കും അതുകൊണ്ട് ഭാഷ്യ പണ്ഡിതന്മാർ പ്രത്യേകിച്ചും നിലയം വിദ്വാൻമാര് എൻ്റെ നേരെ ചാടിക്കയറരുത് നിമിത്തം മാത്രം തത്രനിമിത്തം മാത്രം പറയും ബാഹ്യമായ നിമിത്തമാണ് ബാക്കി സർവ്വത് സാധനങ്ങളെല്ലാം കേവല നിമിത്തം എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യനിരപേക്ഷമാണ് സ്വയം പ്രകാശിക്കുന്നതാണ് അതിൽ ആർക്കെങ്കിലും ഒരു പങ്കുണ്ടെങ്കിൽ അത് അന്തര്യാമിക്ക് മാത്രം അന്തര്യാമി അത് അഗ്നി സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു പ്രകാശമായി ചൂടായി സൂര്യൻ സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു അവിടെയും ഉഷ്ണമായി പ്രകാശമായി അതുപോലെ ആ പരമാത്മാവ് സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു ആണ് പറഞ്ഞത് ബഹുശോഭമാന വിദ്യയായി മാരുപിണിയായി അതിന് കർണവും ഭാഷകാരും പറഞ്ഞു എന്താണോ ആ പരബ്രഹ്മവുമായി പരമശിവനുമായി സഹ വർത്തത എപ്പോഴും ഒരുമിച്ചിരിക്കുന്നവളാണ് വേർ ബിരിയാണി കഴിയാതെ ഇരിക്കുന്നവളാണ് അതുകൊണ്ട് ആ വിദ്യയ്ക്ക് പ്രകാശിപ്പിക്കാൻ കഴിയും മറ്റൊന്നിനും അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല ബാക്കിയുള്ളതെല്ലാം നമ്മളെ ഉപദേശങ്ങളും ശ്രവണവും സാധനങ്ങളും എല്ലാം നിമിത്തം മാത്രം അതും മനസ്സിൽ കരുതണം തസൈവ വിദ്യയെ യൂ എം മഹീയദ്ധും മഹിമാനം പ്രാർത്ഥന അതുകൊണ്ട് നിന്റെ ഈ മഹത്വം ആത്മീയ മഹത്വം ഉണ്ടല്ലോ അതാ പരമാത്മാവിന്റെ വിജയമാണോ നിന്റെ വിജയമല്ല നീ കരുതുന്നുണ്ടല്ലോ ഞാൻ ഇത്രമാത്രം പുരോഗമിച്ചു ഞാൻ മുന്നോട്ടാണോ സാധനകളിൽ ഗുണം ചെയ്തു ഇന്ന ഫലത്തെ അങ്ങനെ അഭിമാനിക്കുന്നുണ്ടോ അതൊന്നുമല്ല ും നീശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നീ മഹിമയെ പ്രാപിച്ചു അതും വിസ്മരിക്കരുത് എന്നാണ് ഏതെങ്കിലും തരത്തിലൊരു മഹത്വം നിനുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് നിന്റെ കഴിവു ഏതത് ഇതി ക്രിയാവിശേഷണാർത്ഥം മിഥ്യാഭിമാനസ്തുമാകമായ വിജയോമേവായം മഹിമേരിഭിമാനമാണ് ഉള്ളിൽ നിന്ന് പ്രകാശിക്കുന്ന ഒന്നിനെ താൻ ആർജിച്ചു എന്ന് കരുതുന്നതാണ് മിഥ്യാഭിമാനം ബാഹ്യമായ നിമിത്തങ്ങളെ സ്വന്തമാക്കരുതെന്നർക്കും അതിന് അതിന്റെ സ്ഥാനമേ കൊടുക്കാവും സാധനയ്ക്ക് അതിൻ്റെ സ്ഥാനമേ കൊടുക്കാവും അതുകൊണ്ട് സാധിക്കുന്ന അല്ല മറിച്ചായാൽ അത് മിഥ്യാഭിമാനമാവും യുഷ്മാകമേവ ഞങ്ങളുടെ വിജയമാണ് അത് ഇന്ദ്രനങ്ങന കരുതി വായു കരുതി അഗ്നി ഇന്ദ്രിയങ്ങളെല്ലാം കരുതി ജീവന്റെ കർണങ്ങളെല്ലാം കരുതി അതെല്ലാം കരുതിയപ്പോൾ ജീവനു തന്നോട് ചേർന്ന് അതും അഭിമാനിച്ചു അതിന്റെ അഭിമാനം വളരെ വലുതാണ് അഭിമാനത്തെയും നിരാകരിച്ചു ഇന്ദ്രന്റെ അഭിമാനത്തെ നിരാകരിച്ചുകൊണ്ട് പറയുന്നു അസ്മാകമേവായ മഹിമേ ഇതെല്ലാം എന്റേതാണ് ഈ മഹത്വം എന്ന് കരുതിയതാണ് ബദ്ധം തസ്മാവാക്യാവ വിദാന്താര അങ്ങനെ ഇന്ദ്രൻ ആ ഉമാവാക്യത്തിൽ പറഞ്ഞല്ലോ ആത്മസംവാദത്തിൽ നിന്നും നിർനിമത്തമായിരിക്കുന്ന ആത്മപ്രകാശത്തിൽ നിന്നും അറിഞ്ഞു ആ വിദ്യ ബോധ്യപ്പെടുത്തി ബ്രഹ്മേതി ഇത് ഇന്ദ്രൻ തന്നെയാണ് ആ ബ്രഹ്മ തന്നെയാണ് ഇത് ഇന്ദ്രു സ്വാതന്ത്ര്യ അമാവാക്യത്തിൽ നിന്ന് മാത്രമേ ആ പരാവിദ്യക്ക് മാത്രമേ എന്നെ പ്രകാശിപ്പിക്കാൻ കഴിയൂ അപരാവിദ്യയ്ക്ക് സാധ്യമല്ല ഇന്ന് സ്വാതന്ത്ര്യേണ ഇതിൽ യാതൊരു സ്വാതന്ത്ര്യമില്ല ജീവൻ ഇതിൽ യാതൊരു സ്വാതന്ത്ര്യമില്ല ഈ കർണങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ല ആത്യന്തികമായി ആ പരാവിദ്യയുടെ പ്രകാശനത്തിലാണ് അത് അന്തര്യാമിക്ക് അധീനവും എന്ന് ഉമാവാക്യത്തിൽ നിന്നും കരാവിദ്യയിൽ നിന്നും വെളിപ്പെട്ടു അതുകൊണ്ട് ഇന്ദ്രൻ ശ്രേഷ്ഠനായിരിക്കുന്നു അതാണ് ഇന്ദ്രന്റെ ഇന്ദ്രത്വം അത് മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ല മറ്റുള്ളവർക്ക് അതിന് കഴിയത്തുമില്ല കർണങ്ങൾ കടത്ത അധീനമായിരിക്കുമ്പോൾ ആ കർണങ്ങൾക്കൊരിക്കലും കഴിയില്ല മനസ്സിന് ധ്യാനിക്കാൻ കഴിയും പ്രാണിന് ധ്യാനിക്കാൻ കഴിയും കഴിയില്ല കേവല ഉപകരണങ്ങളാണ് ജീവനെ ധ്യാനിക്കാൻ കഴിയും അത് ധ്യാനിക്കുമ്പോൾ ഇവരെണ് ഉപയോഗിക്കും പ്രാണനെയും മനസ്സിനെയൊക്കെ അത് ഉപയോഗിക്കും അങ്ങനെ അത് ധ്യാനിച്ചു ആ പരാവിദ്യ ഈശ്വരൻ പ്രകടമാക്കി ഇന്ദ്രൻ ഇന്ദ്രത്വം വന്നു ചേർന്നു തത്വത്തെ സാക്ഷാത്കരിച്ചു മുക്തനായി എന്നാണ് ഇവിടെ അഥ ഇന്ദ്രം അബ്രുവവൻ എന്തേദി തദ്ഭ്യദ്രവ് स തിരുദേ आकाशे स्त्रियम ആജാമ ോഭമാനമുമാവോ ഇത ബ്രഹ്മേധിവാ ബ്രമണോ വേദ്വിജയേ മഹേർവിതി തോഹൈവേ ബ്രമേത്തി